അധ്യായം രണ്ട് ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്തരുളി ചെയ്യുമെന്നും എന്റെ ആവലാദി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയേണ്ടു എന്നും കാണേണ്ടതിന് ദൃഷ്ടിവയ്ക്കും യഹോവെന്നോട് ഉത്തരമരുളിയത് നീ ദർശനം എഴുതുക ഓടിച്ച് വായ്പ്പക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു സമയം തെറ്റുകയുമില്ല അത് വൈകിയാലും അതിനായി കാത്തിരിക്കാം അത് വരും നിശ്ചയം താമസിക്കുകയുമില്ല അവന്റെ മനസ്സ് അവന് അഹങ്കരിച്ചിരിക്കുന്നു അത് നേരുള്ളതല്ല നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും വീഞ്ഞ് വിശ്വാസപാതകനാകുന്നു അഹമ്മതിയുള്ള പുരുഷൻ നിലനിൽക്കിയില്ല അവൻ പാതാളം പോലെ വിസ്താരമായി വായ്പിളർക്കുന്നു മരണം പോലെ തൃപ്തിപ്പെടാതെയും ഇരിക്കുന്നു അവൻ സകല ജാതികളെയും തന്റെ അടുക്കൽ കൂട്ടി സകല വംശങ്ങളെയും തന്റെ അടുക്കൽ ചേർക്കുന്നു അവരൊക്കെയും അവനെക്കുറിച്ച് ഒരു സദൃശവും അവനെക്കുറിച്ച് പരിഹാസമായുള്ള ഒരു പഴഞ്ചൊല്ലും ചൊല്ലി തന്റേതല്ലാത്തത് വർദ്ധിപ്പിക്കുകയും എത്രത്തോളം പണയ ചുമന്ന് കൂട്ടുകയും ചെയ്യുന്നവന് അയ്യോ കഷ്ടമെന്ന് പറയയില്ലയോ നിന്റെ കടക്കാർ പെട്ടെന്നെഴുന്നേൽക്കുകയും നിന്നെ ബുദ്ധിമുട്ടിക്കുന്നവർ ഉണരുകയും നീ കൊള്ളയായി തീരുകയും ഇല്ലയോ നീ പല കവർച്ച ചെയ്തതുകൊണ്ട് ജാതികളിൽ ശേഷിപ്പുള്ളവരൊക്കെയും മനുഷ്യരുടെ രക്തം നിമിത്തവും നീ ദേശത്തോടും നഗരത്തോടും അതിന്റെ സകല നിവാസികളോടും ചെയ്ത സാഹസം നിമിത്തവും നിന്നോടും കവർച്ച ചെയ്യും അനർത്ഥത്തിൽ നിന്ന് വിടിവിക്കപ്പെടുവാൻ തക്കവണ്ണം ഉയരത്തിൽ കൂടുവെക്കേണ്ടതിന് തന്റെ വീട്ടിനുവേണ്ടി ദുരാതായം ആഗ്രഹിക്കുന്നവന് അയ്യോ കഷ്ടം പല ജാതികളെയും കളഞ്ഞതിനാൽ നീ നിന്റെ വീട്ടിന് ലജ്ജ നിന്റെ സ്വന്ത പ്രാണനോട് പാപം ചെയ്തിരിക്കുന്നു ചുവരിൽ നിന്ന് കല്ല് നിലവിളിക്കുകയും മരപ്പണിയിൽ നിന്ന് തുലാം ഉത്തരം പറയുകയും ചെയ്യുമല്ലോ രക്തപാതകം കൊണ്ട് പട്ടണം പണിയുകയും നീതികേടുകൊണ്ട് നഗരം സ്ഥാപിക്കുകയും ചെയ്യുന്നവന് അയ്യോ കഷ്ടം ജാതികൾ പീക്കിരയാകുവാൻ അധ്വാനിക്കുന്നതും വംശങ്ങൾ വെറുതെ തളർന്നു സൈന്യങ്ങളുടെ ഹോവയുടെ ഹിതത്താൽ അല്ലയോ വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഹോമി ഈ ഹോമിയുടെ മഹത്വത്തിന്റെ പരിജ്ഞാനത്താൽ പൂർണമാകും കൂട്ടുകാരുടെ നഗ്നത കാണേണ്ടതിന് അവർക്ക് കുടിപ്പാൻ കൊടുക്കുകയും നഞ്ചുകൂട്ടിക്കലർത്തി ലഹരി പിടിപ്പിക്കുകയും ചെയ്യുന്നവന് അയ്യോ കഷ്ടം നിനക്ക് മഹത്വം കൊണ്ടല്ല ലജ്ജകൊണ്ടുതന്നെ പൂർത്തി നീയും കുടിക്ക നിന്റെ അഗ്രചർമ്മം അനാവൃതമാക്കുക യഹോവയുടെ വലം കൈയിലെ പാനപാത്രം നിന്റെ അടുക്കൽ വരും മഹത്വത്തിനു നിനക്ക് അവമാനം ഭവിക്കും മനുഷ്യരുടെ രക്തവും ദേശത്തോടും നഗരത്തോടും അതിന്റെ സകല നിവാസികളോടും ചെയ്ത സാഹസവും ഹേതുവായി ലബാനോനോട് ചെയ്ത ദ്രോഹവും മൃഗങ്ങളെ പേടിപ്പിച്ച സംഹാരവും നിന്നെ മൂടും പണിക്കാരൻ ഒരു ബിംബത്തെ കൊത്തിയുണ്ടാക്കുവാൻ അതിനാലോ പണിക്കാരൻ വ്യാജമുപദേശിക്കുന്ന വാർപ്പു വിഗ്രഹത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഊമ മിഥ്യാമൂർത്തികളെ ഉണ്ടാക്കുവാൻ അതിനാലോ എന്തു പ്രയോജനം ഉള്ളു മരത്തോട് ഉണരുകയെന്നും ഊമക്കല്ലിനോട് എഴുന്നേൽക്ക എന്നും പറയുന്നവന് അയ്യോ കഷ്ടം അത് ഉപദേശിക്കുമോ അത് പൊന്നും വെള്ളിയും പൊതിഞ്ഞിരിക്കുന്നു അതിന്റെ ഉള്ളിൽ ശ്വാസം ഒട്ടും ഇല്ലല്ലോ എന്നാൽ യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിൽ ഉണ്ട് സർവഭൂമിയും അവന്റെ സന്നിധിയിൽ മൗനമായിരിക്കട്ടെ